സമൂദ് ജനതയിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹ് അലിഹിസലാമിനെ ഞാൻ അയച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ജനതയെ നിങ്ങൾ അള്ളാഹു സുബഹാനഹുവത്ത് ആലയെ ആരാധിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്നെത്തിയിരിക്കുന്നു അള്ളാഹു സുബഹാനഹുവത്ത് ആലയുടെ ഈ ഒട്ടകം നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമാകുന്നു അതിനാൽ അള്ളാഹു സുബഹാനഹുവത്ത് ആലയുടെ ഭൂമിയിൽ അത് ഭക്ഷണം കഴിക്കാൻ വിട്ടുകൊടുക്കുക അതിനെ നിങ്ങൾ ദ്രോഹിക്കരുത് അല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ പിടികൂടും